ം പതിനേഴ് അനന്തരം അഹിതൊഫേൽ അബ്സാലോമിനോട് പറഞ്ഞത് ഞാൻ പന്തിരായിരം പേരെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും അപ്പോൾ അവനോടു കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും മടങ്ങിവരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും ഈ വാക്ക് അബ്ശാലൂമിനും ഇസ്രയേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു എന്നാൽ അബ്ശാലൂം അർഖ്യനായ പൂഷായിയെ വിളിക്കാം അവന്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു ഭൂശായി അബ്സാലൂമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലൂം അവനോട് ഇന്നിന്ന പ്രകാരം അഹിതോഫേൽ പറഞ്ഞിരിക്കുന്നു അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറ എന്നു പറഞ്ഞു ഭൂശായി അബ്സാലൂമിനോട് പറഞ്ഞതെന്തെന്നാൽ അഹിതോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ നിന്റെ അപ്പൻ ഈ യോദ്ധാവാകുന്നു അവൻ ജനത്തോടു കൂടെ രാപ്പാർക്കയില്ല ഒരു ഗുഹയിലോ മറ്റുവല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും ആരംഭത്തിങ്കൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശാലോമിന്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോവും നിന്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവർ ശൂരന്മാരുമെന്ന് എല്ലാ ഇസ്രയേലും അറിയുന്നു ആകയാൽ ഞാൻ പറയുന്ന ആലോചന ദാൻ മുതൽ ബർഷേബരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രയേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം അവനെ കാണുന്നെടുത്ത് നാം അവനെ ആക്രമിച്ച് മഞ്ഞ ഭൂമിയിൽ പൊഴിയുന്നതുപോലെ അവന്റെ മേൽ ചെന്നു വീഴും പിന്നെ അവനാകട്ടെ അവനോട് കൂടെയുള്ള എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കയില്ല അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടി എങ്കിലും േലെല്ലാം ആ പട്ടണത്തിന് കയറുകെട്ടി അവിടെ ഒരു ചെറിയ കല്ലുപോലും കാണാതാകും വരെ അതിനെ നദിയിൽ വലിച്ചിട്ട് കളയും അപ്പോൾ അബ്ശാലൂമും എല്ലാ ഇസ്രയേലിലും അഹിതൊഫേലിന്റെ ആലോചനയെക്കാൾ അർഹ്യനായ ഹുശായിയുടെ ആലോചന നല്ലത് പറഞ്ഞു അബ്ശാലൂമിന് അനർഥം വരേണ്ടതിന് അഹിതൊഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദൂക്കിനോടും അബ്യാധാരനോടും ഇന്നിന്ന പ്രകാരം അഹിതോഫേൽ അബ്സാലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ പാർക്കരുത് രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏതു വിധേനയും അക്കരെ കടന്നു പോകേണമെന്ന് ദാവീദിനെ അറിയിപ്പീനെന്ന് പറഞ്ഞു എന്നാൽ യോനാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്നു തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് ഏൻ രോഗലിനരികെ കാത്തുനിൽക്കും ഒരു വേലക്കാരുത്തിച്ചെന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവിദരാജാവിനെ റിയിക്കുകയും ചെയ്യും എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്ശാലൂമിന് അറിവുകൊടുത്തു ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരീമിൽ ഒരു ആളുടെ വീട്ടിൽ കയറി അവന്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു അവർ അതിൽ ഇറങ്ങി വീട്ടുകാരെത്തി മൂടുവിരിയെടുത്ത് കിണറ്റിന്റെ വായിന്മേൽ വിരിച്ച് അതിൽ കോതമ്പുതരി ചിക്കി ഇങ്ങനെ കാര്യമറിയുവാൻ ഇടയായില്ല അബ്ശാലൂമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു അഹീമാസും യുവനഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയിയെന്ന് സ്ത്രീ പറഞ്ഞു അവർ അന്വേഷിച്ചിട്ട് കാണായികയാൽ എരുശല്യമിലേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറിച്ചൊന്നു ദാവിദരാജാവിനെ അറിയിച്ചു നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നുപോകുവിൻ ഇന്നിന്ന പ്രകാരം അഹിദോ ഫേൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് ഈ യോർദാൻ കടന്നു നേരം വെളുക്കുമ്പോഴേക്ക് യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല എന്നാൽ അഹിദോ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു പിന്നെ ദാവീദ് മഹനൈമിൽ എത്തി അബ്ശാലൂമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു അബ്ശാലൂം യോവാബിന് പകരം അമാസയെ സേനാധിപതി ആക്കി അമാസയോ നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗേലിന്റെ അടുക്കൽ ഇത്ര എന്നു പേരുള്ള ഒരു ഇസ്മായില്യൻ ചെന്നിട്ട് ഉണ്ടായ മകൻ എന്നാൽ ഇസ്രയേലും അബ്ശാലോമും ഗലയാദ്ദേശത്ത് ദാവീദ് മഹനൈമിൽ എത്തിയപ്പോൾ അമ്മൂന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാസിന്റെ മകൻ ശോബി ലോദേബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ രോഗലീമിൽ നിന്ന് ഗിലയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ് യവം മാവ് മലർ അമരയ്ക്ക പയർ പരിപ്പ് തേൻ വെണ്ണ ആട് പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്നവർ പറഞ്ഞു